ധ്യാജനശലാകുന്മീലി മേന തസ്മൈ ശീഗുരവേ നമ നമോ ഭഗവതേവാസുദേവായ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം ഒൻപത് ശ്ലോകങ്ങൾ 32 മുതൽ 42 വരെ ഭീഷ്മരുടെ പ്രാർത്ഥനകൾ श्लोकम श्लोक मुच्ता भगवती सात्वपुंग भूमि स्वुख मुपगते क्वचि विहर् ഭാവനം ഭീഷ്മദേവൻ പറഞ്ഞു ദീർഘകാലം വിവിധ വിഷയങ്ങളിലും ധർമ്മകർമ്മങ്ങളിലും വ്യാപരിച്ചിരുന്ന എന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രതിഷ്ഠാപനം ചെയ്യാൻ എന്നെ ഇപ്പോൾ അനുവദിച്ചാലും അദ്ദേഹം സദാ ആത്മസംതൃപ്തനാകുന്നു എന്നാൽ ഭക്തന്മാരുടെ സ്വാമിയാകയാൽ ചിലപ്പോഴൊക്കെ ഭൗതികലോകം അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടിയാണെങ്കിലും इवे अव अतियानंद अव श्लोक मुनम तमालौरवरांबर ददाने वुरुकुलाृदान വിവർത്തനം ശ്രീകൃഷ്ണൻ അർജുനന്റെ ഉറ്റതോഴനാകുന്നു തന്റെ അതീന്ദ്രിയ സ്വരൂപത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആനന്ദപൂർണമായ സർവാകർഷകമായ ശരീരം നീലവർണത്തോട് കൂടിയതും തമാല വൃക്ഷത്തോട് സാദൃശ്യമുള്ളതുമാകുന്നു ഉച്ച നീച മധ്യ തുടങ്ങിയ മൂന്ന് ലോകങ്ങളിലെ ഏവരെയും അദ്ദേഹത്തിൻ്റെ ശരീരം ആകർഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ തിളങ്ങുന്ന പീത നിറമാർന്ന ഉടയാടകളും ചന്ദനലേപനം ചെയ്ത വദനാംബുജവും എന്നെ ആകർഷിക്കുന്ന വിഷയങ്ങളായി ഭവിക്കട്ടെ ഞാൻ ഉദ്ദിഷ്ട ഫലകാംക്ഷയില്ലാത്തവനായി തീരട്ടെ ശ്ലോകം മുപ്പത്തി യുതിരജോ വിധൂമ്രവിഷലുളിദമേ മമ നിശിദരൈർവിദ്യ ത്വചി വിലയ സത്കചേസ് വിവർത്തനം രണാങ്കണത്തിൽ ശ്രീകൃഷ്ണൻ മിത്രമായ അർജുനനെ മൈത്രിയുടെ പേരിൽ അതീവ ശ്രദ്ധ നൽകി സംരക്ഷിച്ചു പോന്നു അശ്വങ്ങളുടെ കുളമ്പടിയാൽ ഉയർന്ന പൊടിപടലങ്ങളാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാറിപ്പറക്കുന്ന തലമുടി ചാരനിറമുള്ളതായി മാറി സാരഥിയായി കർമ്മം നിർവഹിക്കയാൽ അദ്ദേഹത്തിൻറെ വതനാംബുജം വിയർപ്പു തുള്ളികളാൽ നനഞ്ഞു കുതിർന്നു ഈ സർവവിധ അലങ്കാരങ്ങളും എന്റെ മൂർച്ചയേറിയ ശരങ്ങളാൽ ഞാൻ ഏൽപ്പിച്ച തീവ്രമായ ക്ഷതങ്ങളുമൊക്കെ അദ്ദേഹം സന്തോഷപൂർവ്വം ആസ്വദിച്ചു അപ്രകാരം എന്റെ മനസ്സ് ശ്രീകൃഷ്ണനിൽ എത്തിച്ചേരാൻ അനുവദിച്ചാലും ശ്ലോകം മുപ്പത്തിയഞ്ച് സപതി സഖിവജോ നിശമ്യമാധ്യേ നിജപരയോർ ബലയോരഥം നിവേശ്യ रक्षणा, भगवान, श्रीकृष्ण भगवा तित्र आज्ञयनुस कुरुक्षेत्र युद्ध युद्धभूम अर्जुन दुर्योधन സേനാ വ്യൂഹങ്ങൾക്ക് മദ്യം നിർത്തുകയും പ്രതിയോഗികളുടെ ആയുസ് പുരസരമായ കടാക്ഷത്താൽ ലഘൂകരിക്കുകയും ചെയ്തു ആ കൃഷ്ണനിൽ എൻറെ മനസ്സ് ഏകാഗ്രമായിരിക്കട്ടെ ശ്ലോകം മുപ്പത്തിയാറ് വ്യവഹൃം നിരീക്ഷ്യ സ്വജനവദ്ഖ്യോഷബുദ്ധ്യ കുമതി മഹരദത്മവിദ്യയാ തോർത്തനം അർജുനൻ തൻ്റെ മുന്നിലുള്ള സേനാംഗങ്ങളെയും സൈന്യാധിപന്മാരെയും വീക്ഷിച്ച് അജ്ഞാനത്താൽ കലങ്ങിയ മനസ്സുമായി നിന്നപ്പോൾ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച് ആ അജ്ഞാനത്തെ പൂർണമായും നശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പാതാംബുജരതിയിൽ സദാ ആകൃഷ്ടനായി ഞാൻ നിലകൊള്ളുമാറാകട്ടെ श्लोक मुनिगमहाय्रतीज्ञा मृतमदीकर्दुम व्लुदरदस्ृतरथचरण्यचल गुर्वहुमी गदोत्तरी എന്റെ ആഗ്രഹം നിറവേറ്റാനായി അദ്ദേഹം സ്വന്തം ശബദം പരിത്യജിച്ചുകൊണ്ട് രഥത്തിൽ നിന്നിറങ്ങി രഥചക്രമെടുത്തുകൊണ്ട് ഉത്തരീയം നിലത്ത് വീണതുപോലുമറിയാതെ ദ്രുതഗതിയിൽ എന്റെ നേരെ സിംഹം ആനയെ കൊല്ലാനെന്നപോലെ ശ്ലോകം മുപ്പത്തിയെട്ട് ശിതവിഹി ഖഗഹതോ വിശീർണദംശതജി ആതായി നോ മേ സാരമദ്വാർഥം വിവർത്തനം മോക്ഷദായകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ പരമ ആത്യന്തികമായ ാപ്യസ്ഥാനമായി തീരട്ടെ യുദ്ധഭൂമിയിൽ മൂർച്ചറേറിയ ശരങ്ങളാൽ ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ നിമിത്തം ക്രോധത്താൽ എന്ന പോലെ അദ്ദേഹം എന്റെ നേരെ പാഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ കവചം ഛിന്ന ഭിന്നമാവുകയും മുറിവുകളാൽ അദ്ദേഹത്തിന്റെ ശരീരം പൂരിതമാകുകയും ചെയ്തു ശ്ലോകം മുപ്പത്തിയൊൻപത് വിജയരഥ കുടുംബ ആശ്മി തേക്ഷിണേ ഭഗവതിരതിരസ്തു മേ മുക്ഷോ ീക്ഷ്യാഗതസ്വരൂപം വിവർത്തനം മരണവേളയിൽ എൻ്റെ പരമമായ ആകർഷണം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ വലത് ഇടത് കയ്യിൽ കടിഞ്ഞാണുമേന്തി എല്ലാ തരത്തിലും അർജുനന്റെ രഥത്തെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ച പാർത്ഥസാരഥിയിൽ ഞാൻ എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനം നേടിയവർ മരണശേഷം തങ്ങളുടെ മൗലികരൂപം श्लोक नाप्द ललित गतिलासवलगुहास प्रणय निरीक्षण कल दूरमात मनुतवद्य उन्मद എന്റെ മനസ് ഭഗവാൻ കൃഷ്ണനിൽ തന്നെ ഉറച്ചു നിൽക്കണമേ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും പ്രേമപൂർവമായ മന്ദഹാസവും വ്രജഭൂമിയിലെ കന്യകമാരെ മോഹിപ്പിച്ച് ആനന്ദപരവശരാക്കി വ്രജകന്യകമാർ ഭഗവാന്റെ സവിശേഷമായ ചലനങ്ങളെ അനുകരിച്ചു രാസനൃത്തത്തിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ ശ്ലോകം നാൽപ്പത്തിയൊന്ന് मुनिगण नृपवर्यसकुले सदसीयुतिषिराज सूषा अर्हणमुपैत ईक्षणीय मम दृशि गोचर एश आत्मा विवर्तनम മഹാരാജാവ് യുധിഷ്ഠിരനാൽ അനുഷ്ഠിക്കപ്പെട്ട രാജസൂയജ്ഞത്തിൽ ലോകത്തിലെ എല്ലാ വിശിഷ്ട വ്യക്തികളും ആഢ്യരും രാജാക്കന്മാരും പണ്ഡിതരും സമ്മേളിച്ചു ആ മഹാസദസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അത്യുദാത്തനായ ഏവരും ആരാധിച്ചു കാരം ആരാധിച്ചത് എൻറെ സാന്നിധ്യത്തിലായിരുന്നു അങ്ങനെ ഭഗവാനിൽ എൻറെ മനസ്സിനെ സ്ഥിതമാക്കുവാൻ ഞാൻ ഈ സംഭവത്തെ സ്മരിച്ചു ശ്ലോകം നാൽപ്പത്തിരണ്ട് ഹൃദി ഹൃദിധിഷ്ഠിതമാത്മ കൽപ്പിതാനാം വിധൂത ഭേദമോഹ വിവർത്തനം ഇപ്പോൾ എന്റെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന ഏകാവലംബവും ഏക ആശ്രയവുമായ ആ ഏക ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ആരാധിക്കാൻ കഴിയുന്നു തന്നിമിത്തം ഇപ്പോൾ ഏവരുടെയും ഹൃദയത്തിൽ മാനസിക വിചക്ഷകന്മാരുടെ പോലും ഹൃദയത്തിൽ അചിന്തിയ വൈഭവനായി കുടികൊള്ളുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച ദ്വൈതമെന്ന മിഥ്യാ സങ്കൽപ്പത്തെ ഞാൻ അധക്കരിച്ചിരിക്കുന്നു അദ്ദേഹം ഏവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു സൂര്യനെ വ്യത്യസ്തമായി ദർശിക്കുന്നുവെങ്കിൽ തന്നെയും സൂര്യൻ ഏകമാകുന്നു േ കൃഷ കൃഷ്ണ കൃഷ്ണ ഹേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി ഓം തത്സ